തങ്ങളുടെ രക്ഷിതാവ് അള്ളാഹു സുബഹാനഹുവ ചയാല ആണെന്നു പറഞ്ഞതല്ലാതെ യാതൊരു ന്യായവുമില്ലാതെ തങ്ങളുടെ വീടുകളിൽ നിന്ന് പുറത്താക്കപ്പെട്ടവരാണവർ അള്ളാഹു സുബഹാനഹുവചയാല മനുഷ്യരെ പരസ്പരം പ്രതിരോധിച്ചില്ലായിരുന്നുവെങ്കിൽ അള്ളാഹു സുബഹാനഹുവചയാലാവിന്റെ നാമം ധാരാളമായി സ്മരിക്കപ്പെടുന്ന ആരാധനാലയങ്ങളും പള്ളികളും സിനഗോഗുകളും ചർച്ചകളും തകർക്കപ്പെടുമായിരുന്നു തീർച്ചയായും അള്ളാഹു സുബഹാനഹുവചായാവിനെ സഹായിക്കുന്നവനെ അവൻ സഹായിക്കും തീർച്ചയായും അള്ളാഹുസുബഹാനഹുവചായാല ശക്തനും പ്രതാപശാലിയുമാണ്